ായം അതിൻ്റെ ഒടുവിൽ ഒടുവിലത്തെ വചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു പ്രയോഗം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് വരികയായിരുന്നു അവിടെ ഇളകാത്ത രാജ്യം ഇളകാത്ത രാജ്യം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്ന പ്രാപിക്കുന്ന നാം നന്ദിയുള്ളവരായിരിക്കുക എന്ന് നമ്മൾ വായിക്കുന്നു എന്താണ് ഇളകാത്ത രാജ്യം ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ട ഒരു പലതരത്തിലുള്ള കിങ്ഡങ്ങൾ അൺഷെയ്ക്കബിൾ കിങ്ഡം എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് ഇളകാത്ത ഇളക്കമില്ലാത്ത ഒരു രാജ്യം അത് അത് നമ്മൾ പ്രാപിക്കും അത് പ്രാപിക്കും കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് രണ്ടാമത് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിൻ്റെ മുകളിൽ നമ്മൾ വായിച്ചത് എന്താണ് അവിടെ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തേ ഇളക്കും അങ്ങനെ ഇളകി കഴിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹഗ്ഗായിൽ വായിച്ച ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹഗായിയുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ നിന്നാണ് അവിടെ ആ ഉദ്ധരിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ വായിക്കുന്നത് മനോഹര വസ്തു വെളിപ്പെടും ഈ അലുകുലുക്കങ്ങളെല്ലാം ഉണ്ടായി പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ വരവുണ്ടാകും എന്നുള്ളതാണ് നമ്മളവിടെ കഴിഞ്ഞ ദിവസം ഈ കാര്യം ചിന്തിച്ചല്ലോ ഹഗായയുടെ പുസ്തകം അതിൻ്റെ രണ്ടാമത്തെയായോ അതിൻ്റെ ആറാമത്തെ വാക്യം ഇനി കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയേയും കടലിനെയും കരയും ഇളക്കും ഞാൻ സകല ഇളക്കും സകല മനോഹര വസ്തു ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമതുള്ള അതിനോട് ചേർന്ന് എന്തുണ്ടാകും പത്രദോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു അവിടെ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ഭൂമിയും അതിലുള്ള പണികളും എന്തു പോകും അങ്ങനെയെല്ലാം അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ വരവാകും കർത്താവ് വന്ന് കർത്താവിൻ്റെയും അവിടുന്ന് ഒരു ഇളകാത്ത രാജ്യം സ്ഥാപിക്കും കർത്താവ് വന്ന് ഇളകാത്ത രാജ്യം സ്ഥാപിക്കുമെന്നുള്ളത് നേരത്തെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇനി ലോകത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് പഴയ നിയമപ്രവാചകനായ ദാനിയലിൻ്റെ പുസ്തകത്തിൽ ആ ഭാവിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്കറിയാമല്ലോ ദാനിയലിൻ്റെ പുസ്തകം അതിൻ്റെ രണ്ടാമധ്യായത്തിലും ഭാവിയിലെന്താ സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാണുന്നു അവിടെ രണ്ടിൻ്റെ നാൽപ്പത്തിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടിൻ്റെ നാൽപ്പത്തി വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്ന ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും ഒരു അൺഷെയ്ക്കബിൾ കിങ്ഡം ദൈവം സ്ഥാപിക്കും ആ രാജ്യത്വം വേറെ ഒരു ജാതി കേൾപ്പിക്കപ്പെടുകയില്ല അത് മറ്റ് രാജ്യത്വങ്ങളെയെ എല്ലാം നശിപ്പിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്വമായിരിക്കും എന്ന് കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് വന്നിട്ട് സ്ഥാപിക്കാനുള്ള ആ സാമ്രാജ്യത്തെക്കുറിച്ച് ആ രാജ്യത്വത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ാനിയലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം സത്യത്തിലെ ലോകത്തിലുണ്ടാകാൻ പോകുന്ന സംഭവങ്ങളുടെ ഒരു ഒരു അതിനെ ഒരു നക്ഷല്ലിൽ അതിനെ മുൻകൂർ പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് ദാനിയലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം നമുക്ക് പലർക്കും ആ കാര്യങ്ങളറിയാം നെബുഗനേശ്വർ എന്ന് പറയുന്ന ബാബിലോന്യ രാജാവ് ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു രണ്ടാമധ്യായം മുഴുവൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് നെബുഗനേശ്വർ ബാബിലോൺ രാജാവായിരിക്കുന്നു ദാനിയേലെന്ന് പറയുന്ന യഹൂദനക്കാരനും ചന്ദ്രക്കമേശക്കവേന്ദനവും ഇവരുമെല്ലാം പ്രവാസികളായിട്ട് എവിടെയുണ്ട് ബാബേലിനുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ ബാബേൽ രാജാവ് നെബുക്കനേശ്വർ ഒരു സ്വപ്നം കാണും സ്വപ്നം കണ്ടു നേരം വെളുത്തപ്പോൾ അദ്ദേഹം സ്വപ്നവും മറന്നുപോയി അതിൻ്റെ അർത്ഥം എന്തോ എന്നറിഞ്ഞുകൂട അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്ത് എല്ലാവരെയും വിദ്വാന്മാരെയും എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെന്തു വേണം നിങ്ങൾ ഞാൻ കണ്ട സ്വപ്നവും പറയണോ അതിൻ്റെ അർത്ഥവും പറയണം എന്തോ ചെയ്യുമെന്ന് പറ വിദ്ധാന്മാരെല്ലാം വലിയ വിഷമത്തിലായി അവർ പറഞ്ഞു ഈ ലോകം ഉണ്ടായ കാലം മുതൽ ഇതേ വരെ ഒരു രാജാവ് ഇങ്ങനെ ആ വിദ്വാന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഒന്ന് രാജാവ് സ്വപ്നം പറ ഞങ്ങളെന്തോ ചെയ്യാം അതിൻ്റെ അർത്ഥം പറയാം അതിന് പേരും രാജാവ് സ്വപ്നം കണ്ടെന്ന് പറയുന്നു രാജാവ് മറന്നുപോയെന്ന് പറയുന്നു സ്വപ്നവും ഞങ്ങൾ പറയണം അതിൻ്റെ അർത്ഥവും ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു അന്നേരം നെബുഗ്നേശ്വർ അല്ലേ അദ്ദേഹം അദ്ദേഹം വലിയ ചക്രവർത്തിയാണ് ഏ ആ നിലയിൽ നിബഗ്നേശ്വർ ചക്രവർത്തി താൻ പറയുന്ന കാര്യങ്ങൾക്ക് അതിനെതിർവായില്ല തിരുവായ്ക്ക് എതിർവായില്ലെന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് നിബഗ്നേശ്വർ എന്തു ചെയ്തു നെബുഗ്നേശ്വർ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനല്ല ഞാൻ സ്വപ്നം പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും നിങ്ങളെന്തെങ്കിലും അതിനൊരർത്ഥം പറയും അത് ഉള്ളതാണോ എന്ന് ആർക്കറിയാം അതേസമയം ഞാൻ കണ്ട സ്വപ്നം എന്തുവാണെന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വപ്നം വ്യാ കഴിവുള്ളവരാണെന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കും അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്തു വേണം സ്വപ്നവും പറയണോ അർത്ഥവും പറയണമെന്ന് പറഞ്ഞ് രാജാവ് ആ കാര്യത്തിൽ വളരെ ഗൗരവമുള്ളവനായിരുന്നു രാജാവ് എന്നിട്ട് എന്ത് പറയുന്നു രാജാവ് പറയുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവരെ എല്ലാം കൊന്നുകളയും എന്ന് പറയും അങ്ങനെ വന്നപ്പോൾ ദാവീത് ക്ഷമിക്കണം ദാനിയൽ തൻ്റെ കൂട്ടുകാരായ ആളുകളോട് ചേർന്നതിൻ്റെ രണ്ടിൻ്റെ പതിനെട്ട് ദാനിയലിൻ്റെ പുസ്തകം രണ്ടാമത്തെ പതിനെട്ടാമത്തെ വാക്യം ഈ രഹസ്യത്തെക്കുറിച്ച് രഹസ്യമാണ് ആ സ്വപ്നവും രഹസ്യമാണ് അർത്ഥവും രഹസ്യമാണ് ഇതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മിശായിലിനോടും അസരിയാവനോടും കാര്യമറിയിച്ചു അവർ പ്രാർത്ഥിച്ചു അതിൻ്റെ അടുത്ത വാക്യം അങ്ങനെ ആ രഹസ്യം ദാനിയലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു ഇത് നമുക്കറിയാമല്ലോ അങ്ങനെ അവസാനം ദാനിയൽ എന്ത് ചെയ്യുന്നു ഈ സ്വപ്നവും അതിൻ്റെ അർത്ഥവും വെളിവാക്കുന്നു ദാനിയൽ പറഞ്ഞു രാജാവെ അവിടുന്ന് കണ്ട സ്വപ്നമെന്ന് പറയുന്നത് ഒരു സ്വർണ്ണ ബിംബത്തെയാണ് കണ്ടത് അതിൻ്റെ തല മാത്രമേ സ്വർണം കൊണ്ടുള്ളൂ സ്വർണം കൊണ്ടുള്ള തല അതിന് ശേഷം എന്താ പൊന്നുകൊണ്ടുള്ള തല അതിനു ശേഷം കൊണ്ടുള്ള കയ്യും നെഞ്ചും അതിന് താഴെ താമ്രം കൊണ്ടുള്ളത് അതിന് താഴെ ഇരുമ്പ് കൊണ്ടുള്ളത് അതിന് താഴെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളത് ഇങ്ങനെ ഉള്ള ഒരു ബിംബം അവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നു കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞ് വന്ന് ഈ ബിംബത്തെ അടിച്ച് ഇതിനെ പൊടിയാക്കുന്നു അതിനെ തുടർന്ന് ആ കല്ല് തന്നെ അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് രാജാവ് കണ്ട സ്വപ്നമെന്ന് പറഞ്ഞപ്പോൾ നെബുക്കനെ സംബന്ധിച്ച് ശരിയാ ശരിയാണ് ഇതാണ് ഞാൻ കണ്ട സ്വപ്നം നീ സ്വപ്നം ശരിക്കും പറഞ്ഞതുകൊണ്ട് നീ എൻ്റെ അർത്ഥവും ദാനിയൽ പറയുന്നത് ശരിയായിരിക്കുമെന്ന് നെബുക്കനേശ്വറിന് മനസ്സിലായി ദാനിയൽ എന്ത് ചെയ്തു എന്നിട്ട് ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു രാജാവേ ഈ പൊന്നുകൊണ്ടുള്ള തലയെന്ന് പറയുന്നത് തിരുമനസ എന്നു വെച്ചാൽ ബാബിലോന്യ സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ രാജാവുമാണ് നെബുക്കനേശ്വർ നെബുക്കനേശ്വറിൻ്റെ രാജ്യം ഈ രാജാവ് ഈ സ്വപ്നം കാണാൻ എന്താ കാര്യം രാജാവ് പള്ളിമത്തയിൽ കിടന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ രാജാവല്ലേ രാജാവിന് മനസ്സിൽ പല ചിന്തകളും വന്നു എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാവും ലോകത്തിന് എന്തൊക്കെ സംഭവിക്കും പാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നെബക്രേസറിൻ്റെ മനസ്സിൽ വന്നത് അതിനെ തുടർന്ന് താൻ കിടന്നുറങ്ങിയപ്പോൾ താൻ പാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു സ്വപ്നമാണ് നെബുക്കനേസറിന് ദൈവം നൽകിയത് അതനുസരിച്ച് ഇനി എന്താ മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴെ പൊന്നുകൊണ്ടുള്ള തല അത് ബാബിലോന്യ സാമ്രാജ്യം എന്നാൽ അത് കഴിയുമ്പോഴോ ഈ തല കഴിയുമ്പോൾ താഴോട്ട് രണ്ട് കയ്യും നെഞ്ചും അത് മേദ്യ പാർസ്യ എന്ന് പറയുന്ന സാമ്രാജ്യമാണ് മേദ്യ പാർസ്യ രണ്ട് കൈ രണ്ട് വശത്തേക്കുള്ളതുകൊണ്ട് മേദ്യയും പാർസ്യയും രണ്ട് സാമ്രാജ്യങ്ങൾ ചേർന്ന് മേദ്യ പാർശ്യ രാജ്യം അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ദാനിയലിൻ്റെ പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട് ഇതിന് ശേഷം നെമുക്കനേസറിന് ശേഷം മേദ്യ പാർസിയായ ചക്രവർത്തി വന്നതും ഒക്കെ അതിനെക്കുറിച്ച് കാണുന്നുണ്ട് പേർഷ്യൻ ആ ചക്രവർത്തി അതാണ് വെള്ളി കൊണ്ടുള്ളത് തുടർന്ന് എന്ത് സംഭവിക്കും തുടർന്ന് ഈ ലോകത്തെ നയിക്കുന്നത് ആ ലോകത്തിൻ്റെ ചക്രവർത്തിയായിട്ട് ആ താമ്രം കൊണ്ടുള്ള വയറും അരയും ഒക്കെയുള്ള ആ ഭാഗം അതെന്ന് പറയുന്നത് ആ ആ നിലയിലെ യവനായ സാമ്രാജ്യമാണ് അലക്സാണ്ടർ ചക്രവർത്തി നമ്മളറിയാവുന്നതുപോലെ മഹാനായ അലക്സാണ്ടർ എന്ന് പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തിലേക്ക് ആവിർഭവിക്കും ആ യവനായ സാമ്രാജ്യം കുറേ നാൾ ഈ ലോകത്തെ ഭരിക്കും അത് കഴിയുമ്പോൾ സംഭവിക്കും അത് കഴിയുമ്പോൾ ഇരുമ്പ് ഇരുമ്പ് കൊണ്ടുള്ളതാണ് താഴോട്ടുള്ള ഭാഗം അരയും ഈ ബിംബത്തിൻ്റേത് ഇരുമ്പ് അത് കാണിക്കുന്നത് ഏത് സാമ്രാജ്യത്തെ ദാനിയിൽ അതെല്ലാം അത് കാണിക്കുന്നത് തന്നെ പറ ആ നിലയിൽ വിശദീകരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പിന്നീട് വന്ന റോമൻ സാമ്രാജ്യത്തെയാണ് അത് കാണിക്കുന്നത് റോമൻ സാമ്രാജ്യം അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും അത് കഴിഞ്ഞ് കാല് താഴോട്ട് പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ള ആ നിലയിലുള്ള സംവിധാനം കണ്ടോ ലോകത്തിലെ മുന്നോട്ട് വരുന്ന ഭരണത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വെളിപ്പാടാണ് അവിടെ ലഭിക്കുന്നത് ഇപ്പോൾ ഇത് ബി സംഭവിച്ചപ്പോൾ നെബുക്കനേശ്വര ചക്രവർത്തിയും ബാബിലോണിയ സാമ്രാജ്യം ഈ ബാബിലോണിയ സാമ്രാജ്യം മേദ്യ പാർശ്യ സാമ്രാജ്യത്തിന് വഴി മാറും മേദ്യ സാമ്രാജ്യം എന്തിന് വഴിമാറും യവനായ അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെയുള്ള യവനായ സാമ്രാജ്യത്തിന് വഴിമാറും ഈ യവനായ സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യം അത് എന്തിനു വഴി റോമിൻ റോമൻ സാമ്രാജ്യത്തിന് വഴി മാറും റോമ് പിന്നെന്ത്ഭവിക്കും പിന്നീട് ബൈബിൾ പണ്ഡിതന്മാരായതിനെക്കുറിച്ച് പറയുന്നത് ഈ റോമൻ സർക്കാർ റോമൻ സാമ്രാജ്യം ഈ സാമ്രാജ്യം വന്ന ആ ഒരു കാലഘട്ടത്തോട് ചേർന്നാണല്ലോ കർത്താവിൻ്റെ വരവും ഒക്കെ സംഭവിക്കുന്നതും ആ കാര്യങ്ങളുമെല്ലാം കാണുന്നു അവരാണ് എന്ത് ഈ നിലയിലുള്ള പല നിയമങ്ങളുടെയും പിന്നിലുള്ള ആളുകൾ ഈ റോമൻ സാമ്രാജ്യമാണ് അതിനെ തുടർന്ന് പിന്നീട് പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ള സാമ്രാജ്യം എന്ന് പറയുമ്പോൾ പിന്നീടുണ്ടായിട്ടുള്ള ലോകത്തിലുണ്ടായിട്ടുള്ള ഈ ജനാധിപത്യ ജനാധിപത്യ സർക്കാരുകളെയാണ് കാണിക്കുന്നത് അത് ഈ കളിമണ്ണു ഇരുമ്പും തമ്മിൽ ചേരാത്തത് കൊണ്ട് ചേരാത്തതുപോലെ ഈ ജനാധിപത്യ സംവിധാനം എന്തു ചെയ്യും കുറച്ച് രണ്ട് പാർട്ടികൾ കൂടെ ചേർന്ന് ഭരിക്കും പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു പാർട്ടി മറ്റേ പാർട്ടിയിൽ നിന്ന് വിട്ട് മാറിപ്പോകും ഉടനെ ആ സർക്കാർ വീഴും പിന്നെ വേറെ കുറേ ചുവര് ഭരിക്കും ഇങ്ങനെ ഉള്ള ഒരു ഭരണം ഈ ഭരണം ഒക്കെയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിക്കും ഒരു കല്ല് കൈ പറഞ്ഞ് കഴിയാതെ എങ്ങും തൊടാതെ വന്ന് ഇതേലടിച്ച് ഇത് മുഴുവൻ തരിപ്പണമായി തീരും തുടർന്ന് ഒരു ആ നിലയിൽ ഒരു സ ഈ കല്ല് തന്നെ അവിടെ മുഴുവൻ നിറയുന്നതാണ് എന്ന് പറഞ്ഞ് ദാനിയയിൽ അത് വിശദീകരിക്കുന്നതാണ് നമ്മളിവിടെ വായിച്ചത് എന്താ ഒടുവിൽ വന്ന ഈ കല്ലിനെക്കുറിച്ച് പറയുന്നത് കണ്ടോ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതിൻ്റെ മുപ്പത്തേഴാമത്തെ വാക്യത്തിൻ്റെ അവസാനം പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് തന്നെ തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്തോ പിന്നെ മൂന്നാമതായ ഒരു രാജ്യത്തോ നാലാമതായ ഒരു രാജ്യത്വം അഞ്ചാമത് ഇരുമ്പും കളിമണ്ണും ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് നമ്മളതെല്ലാം എടുത്ത് പറയാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ നമുക്ക് പലർക്കും ഈ കാര്യങ്ങൾ അറിയാം അതിനുശേഷം ആ കല്ല് എന്ത് ചെയ്തു അത് വന്ന് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞ് വന്ന് ഇതിനെ അടിച്ച് ഇത് മുഴുവൻ ധൂളിയാക്കുന്നത് ഒക്കെയാണ് നമ്മൾ കാണുന്നത് അതിനെക്കുറിച്ചാണ് ഈ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും ഒരു അൺഷെയ്ക്കബിൾ കിങ്ഡം എന്ന് വെച്ചാൽ എന്താ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് സ്ഥാപിക്കുന്ന ആ ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് ആ ഒരു രാജ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രിയപ്പെട്ടവർ ഈ ഈ ദാനിയലിൻ്റെ പുസ്തകം ബി സിയിൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിൽ ഈ പറഞ്ഞേക്കുന്നത് തന്നെയാണ് ചരിത്രത്തിൽ പിന്നീട് വന്നത് നെബുക്കനേശ്വറിൻ്റെ കാലം വന്നു ആ കാലത്താണ് ദാനിയൽ ഈ കാര്യം പറയുന്നത് അതിനുശേഷം എന്ത് വന്നു അതിനുശേഷം നെബുക്കനേശ്വറിനേക്കാളും അല്ലേ ബാബിലോണി സാമ്രാജ്യത്തിനേക്കാളും ഇത്തിരിയുടെ താണനിലയിലുള്ള ആദ്യത്തേത് സ്വർണ്ണമാണെങ്കിൽ രണ്ടാമത്തേത് വെള്ളിയാണ് മൂന്നാമത്തേത് താമ്രമാണ് അടുത്ത് വരുന്നത് ഇരുമ്പാണ് കണ്ടോ ആ ലോഹങ്ങൾ പല ലോഹങ്ങളുണ്ടെങ്കിലും അത് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ബാബിലോന്യ സാമ്രാജ്യത്തിന് ശേഷം മേദ്യ പാർശ്യ സാമ്രാജ്യവും അതിനുശേഷം ഗ്രീക്ക് സാമ്രാജ്യവും അതിനുശേഷം റോമൻ സാമ്രാജ്യവും തുടർന്ന് ജനാധിപത്യ സംവിധാനവും എല്ലാം നിലയിൽ വന്നു ഇന്ന് നമ്മളെവിടെയായിരിക്കുന്നു ഇന്ന് നമ്മളെവിടെയായിരിക്കുന്നു ഈ സാമ്രാജ്യങ്ങളെല്ലാം ലോക സാമ്രാജ്യങ്ങളെല്ലാം തകർന്നു പോയി ബാബിലോന്യം പോയി മേദ്യ പാർശ്യം പോയി എന്തിന് അലക്സാണ്ടർ ചക്രവർത്തി മഹാനായ അലക്സാണ്ടർ എന്ന് പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം പോയി റോം റോമിൻ്റെ അത് തീർന്നു ഇന്നിപ്പോഴെന്തില്ല നമ്മൾ നിൽക്കുന്നത് പാതി കളിമണ്ണിയും പാതി ഇരുമ്പും കൊണ്ടുള്ള എന്ന് പറയുന്ന പോലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് കർത്താവിൻ്റെ വരവാകും കർത്താവിൻ്റെ വരവിൽ അത് ഇതിൻ്റെ ഈ ബിംബത്തിൻ്റെ താഴെ വന്നടിച്ച് ഇതിനെ തൂളിയാക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇതിലുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളെയും അത് ഇല്ലാതെയാക്കി പൂർണ്ണമായിട്ട് ഒരു പുതിയ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത് എന്നു വെച്ചാൽ ഈ ബാബിലോന്യ സാമ്രാജ്യം അവർ ജ്യോതിഷം ഈ കാര്യങ്ങളിൽ വളരെ പ്രാവീണ്യമുള്ള ആളുകളായിരുന്നു മേദ്യ പാർസിയ സാമ്രാജ്യം വന്നപ്പോൾ അവർ സദാചാര സംഹിതകൾ ആ കാര്യങ്ങളാണ് ലോകത്തിന് അവർ കൊടുത്ത സംഭാവന അതുപോലെ ഇങ്ങനെ നമ്മൾ ഗ്രീക്ക് സാമ്രാജ്യം അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം ഇവരൊക്കെ അവരവരുടേതായ സംഭാവന നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ബാബുലോന്യ സാമ്രാജ്യം അവർ ജ്യോതിഷു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേദ്യ സാമ്രാജ്യം സദാചാര സംഹിതകൾ ഗ്രീക്ക് സാമ്രാജ്യം എന്തിൻ്റെയാണ് അവർ കലയും തത്വശാസ്ത്രവും ഗ്രീക്കുകാരാണ് കലയുടെയും തത്ത്വശാസ്ത്രത്തിൻ്റെയും ആളുകൾ ഇന്നും നമുക്കറിയാമല്ലോ അരിസ്റ്റോട്ടലും ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ സോക്രട്ടീസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരൊക്കെ തത്വശാസ്ത്രത്തിൻ്റെ ഫിലോസഫിയുടെ ഏറ്റവും വലിയ ആളുകൾ ഇന്നും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം അവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവരൊക്കെ ആരാണ് ഈ യവനായ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന ആളുകളാണ് അപ്പോൾ ഈ യവനായ സാമ്രാജ്യം ലോകത്തിന് സംഭാവന ചെയ്തത് കലയും തത്വശാസ്ത്രവുമാണ് ഗ്രീക്ക് നാടകങ്ങൾ ഇന്നും സോഫോക്ലീസിൻ്റെയൊക്കെ നാടകങ്ങൾ ലോകം വളരെ ആദരവോടെ കാണുന്നതാണ് അങ്ങനെ കലയും തത്വശാസ്ത്രവും അതാണ് അതിൻ്റെ സംഭാവന അത് കഴിഞ്ഞ് വന്ന റോമൻ സാമ്രാജ്യമോ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ട് നിന്നാലേ ശക്തമായിട്ട് നിന്നാലേ എന്ത് സംഭവിക്കുകയുള്ളൂ ഇവിടെ സമാധാനം സ്ഥാപിക്കാനൊക്കെ ഉള്ളൂ എന്നുള്ള നില നിലയിൽ അവരിരുമ്പ് കൊണ്ടുള്ളവരല്ലേ ആ നിലയിൽ വളരെ ശക്തിയുള്ള ഒരു ഭരണമായിരുന്നു അവരുടേത് ഇതിനെ എല്ലാം തകർത്ത് ഇതെല്ലാം ഒന്നുമല്ലാതാക്കി ഈ ജനാധിപത്യ കാലത്ത് കർത്താവിൻ്റെ വരവ് ഒരു കല്ല് എങ്ങും തൊടാതെ വന്ന് ഇതിൽ അടിച്ച് ആ നിലയിൽ അതിനെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സാമ്രാജ്യത്തിന് പിന്നീട് എന്ത് സംഭവിക്കുകയില്ല അതിന് പിന്നീട് മാറ്റം ഉണ്ടാകുകയില്ല ഞാനതാണ് പറയാൻ വന്നത് നമ്മൾ അൺഷെയ്ക്കബിൾ കിങ്ഡം എന്ന് പറഞ്ഞാണല്ലോ ഇതിലേക്ക് വന്നത് ഇവിടെ വന്നപ്പം ഈ ഒരു കാലത്ത് വലിയ ശക്തരായി നിന്ന മാറുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ഇളക്കം തട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന സാമ്രാജ്യങ്ങൾക്കൊക്കെ ഇളക്കം തട്ടി ബാബിലോന്യ സാമ്രാജ്യത്തിനും പേർഷ്യൻ സാമ്രാജ്യത്തിനും അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിനും റോമൻ സാമ്രാജ്യത്തിനും ഒക്കെ ഇളക്കം തട്ടി എന്നിട്ട് ഇന്ന് ഇന്ന് ഡെമോക്രാറ്റിക് സംവിധാനത്തിലെ രാജ്യങ്ങൾ പോകുമ്പോൾ അവിടെയും ശക്തരായ പല ഭരണാധികാരികളുണ്ട് പക്ഷെ അവരും എന്താ കുറച്ച് കഴിയുമ്പോൾ അവരുടെ പ്രഭാവം ഇല്ലാതാകും അങ്ങനെ ഇരിക്കുകയാണ് ഇതാ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തെ വായിച്ചത് എന്ത് സംഭവിക്കുന്നു ഇവിടെ വന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരുമ്പോൾ ആ അത് ബാക്കിയെല്ലാത്തിനെയും തകർത്ത് നശിപ്പിച്ച് കളയും കൈ തൊടാതെ അതിൻ്റെ നാൽപ്പത്തഞ്ചാം വാക്യം കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമരവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ മഹാദേവോ മേലിൽ സംഭവിക്കാനുള്ള രാജാവിനെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാതെ ധാന്യയിൽ അവിടെ നിർത്തുക ചെയ്യും അപ്പോൾ ആ വരുന്ന സാമ്രാജ്യം ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ദൈവം ഇനി എന്ത് ചെയ്യും ഈ ലോകത്തെ ഇളക്കും ആകാശം കൊടുപുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ഭൂമിയും അതിലുള്ള പണികളും എന്ത് പോകും ഇതിൻ്റെ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും അങ്ങനെയുള്ള ഇളക്കത്തിൻ്റെ സമയത്ത് മനോഹര വസ്തുക്കൾ ഇപ്പോഴും കർത്താവ് വരും കർത്താവ് വരും കർത്താവ് വന്നൊരു സാമ്രാജ്യം സ്ഥാപിക്കും ആ രാജ്യത്തും എന്തല്ല അത് ഇളകാത്ത ഒരു രാജ്യത്വമാണ് ഈ ദാനിയലിൻ്റെ പുസ്തകവും ഈ ചരിത്രത്തോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അതിൻ്റെ ഏഴാമധ്യായത്തിൽ ഇപ്പം നമ്മൾ വായിച്ചതുപോലെ രണ്ടാമധ്യായത്തിൽ വായിച്ചതുപോലെ തന്നെ വേറൊരു സ്വപ്നം ദാനിയയിൽ കാണുന്നു ദാനിയയിൽ കാണുന്നു ദാനിയയിൽ കാണുന്ന ആ സ്വപ്നം അന്നേരം തുടർന്ന് ഇപ്പോൾ കണ്ട അതേ കാര്യം തന്നെ വേറൊരു തരത്തിലാണ് പറയുന്നത് ഏഴാമത്തെ അധ്യായം നോക്കുക അതിൻ്റെ ഏഴാമത്തെ അധ്യായം ഏഴാമത്തെ അധ്യായത്തിൽ ധാന്യയിൽ കാണുന്നത് എന്താ ദാനിയിൽ കാണുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയറി വരുന്നു അതിൻ്റെ നാലാമത്തെ വാക്യം ആദ്യത്തേത് സിംഹത്തോട് സിംഹത്തോട് സദൃശ്യം രണ്ടാമത് അഞ്ചാമത്തെ വാക്യം രണ്ടാമത് കരടിയോട് സദൃശ്യം ആറാമത്തെ വാക്യം പിന്നെ പുള്ളിപ്പൊലിക്ക് സദൃശ്യം ഏഴാമത്തെ വാക്യം ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു നാലാമതൊരു മൃഗത്തെ കണ്ടു അങ്ങനെ ഈ നാല് നാല് മൃഗങ്ങൾ ഇതെന്താ ഈ മൃഗങ്ങൾ ഇതെല്ലാം എന്താ ഇതെന്താന്ന് നിങ്ങളെ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാലും അറിയാം ഈ സ്വപ്നത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ചോദിച്ചു മനസ്സിലാക്കുമ്പം താന് ദബുഗ്നേശ്വറിന് പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെ മറ്റൊരു വിധത്തിൽ ദൈവം ആർക്ക് വെളിപ്പെടുത്തിയതാണ് ദാനിയലിനെ വെളിപ്പെടുത്തിയതാണ് ഈ സിംഹമെന്ന് പറയുന്നത് നാലാമത്തെ വാക്യത്തിൽ പറയുന്ന സിംഹമെന്ന് പറയുന്നത് ഏത് സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത് അത് ബാബിലോന്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു നേരത്തെ പറഞ്ഞ നിബുഗ്നേശ്വറിൻ്റെ ബാബിലോന്യ സാമ്രാജ്യത്തെ കാണിക്കുന്നതാണ് സിംഹം രണ്ടാമത് കരടിയോട് സദൃശ്യം അത് മേദ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു മൂന്നാമത് പുള്ളിപ്പുലിക്ക് സദൃശ്യം അത് യമനായ സാമ്രാജ്യത്തെ കാണിക്കുന്നു അത് കഴിഞ്ഞ് ഏഴാമത്തെ വാക്യത്തിൽ ഘോരവും ഭയങ്കരവും അതിബലവും ഉള്ളതായ നാലാമതൊരു മൃഗം ആ മൃഗം എന്തിനേ എന്തിനു സാദൃശ്യം റോ റോമൻ സാമ്രാജ്യത്തിന് സാദൃശ്യം അപ്പം നേരത്തെ നമ്മൾ രണ്ടാമധ്യായത്തിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെ മറ്റൊരു വിധത്തിൽ അവിടെ ഒരു ബിംബത്തോട് ചേർത്താണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ചില മൃഗങ്ങളോട് ചേർത്താം ഈ മൃഗങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം മറ്റേ ബിംബത്തിൽ ആദ്യം തലയെന്ന് പറയുന്ന സ്വർണം വെള്ളി താമ്രം ഇരുമ്പ് ഇരുമ്പ് കളിമണ്ണ് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് താഴോട്ട് വരുമ്പോൾ ഇതിനൊരു ഗ്രഡേഷൻ വരുന്നത് പോലെ തന്നെ നമുക്ക് ഈ മൃഗങ്ങളുടെ കാര്യത്തിലും എന്ത് കാണാൻ കഴിയും ആദ്യം സിംഹമാണ് സിംഹം എന്താ മൃഗങ്ങളുടെ രാജാവാണ് രണ്ടാമത് അതിനേക്കാൾ ഇച്ചിരി കൂടെ കുറഞ്ഞൊരു മൃഗം കരടി മൂന്നാമത് അതിനേക്കാൾ കുറഞ്ഞൊരു മൃഗം പുള്ളിപ്പൊലി അടുത്തത് നാലാമത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം ഇത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു നമ്മളതല്ലല്ലോ പറഞ്ഞു വന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പത്ത് കൊമ്പ് അതിനുണ്ടായിരുന്നു ആ കൊമ്പുകളെ നോക്കി എട്ടാമത്തെ വാക്ക് ഏഴിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല വളരെ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ആ കൊമ്പുകളുടെ ഇടയിൽ നിന്ന് മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് പേരോട് പോയി ചുരുക്കത്തിൽ ആ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു ഇതെന്തിനെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ ഈ ഈ കണ്ടോ ഈ സാമ്രാജ്യങ്ങളും നാല് സാമ്രാജ്യങ്ങളും കഴിഞ്ഞ് പിന്നെ ജനാധിപത്യ സംവിധാനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പത്ത് കൊമ്പുകളും മുളച്ചു വരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ചരിത്രകാരന്മാരും അതുപോലെ തന്നെ വേദപണ്ഡിതന്മാരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വരുന്ന ഇതിൽ ഒരെണ്ണം എന്താ വലിയ വമ്പ് പറയുന്ന മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പു പറയുന്ന വായും ഉള്ള ഒന്നായിരുന്നു ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു കാര്യത്തോടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ വെളിപ്പാട് ഈ ഭാഗം മറിക്കാതെ തന്നെ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ഈ കൊമ്പിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും പതിമൂന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായിട്ട് വായി തുറന്നു വായി തുറന്നു എന്താ അവിടെയും നമുക്ക് പല മൃഗം ഇതിനെക്കുറിച്ചൊക്കെ കാണാൻ കഴിയും ഒടുവിൽ ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് പറയുന്ന അന്ത്യക്രിസ്തുവിനെക്കുറിച്ചാണ് അന്ത്യക്രിസ്തുവിനെ കുറിച്ചാണ് അന്ത്യക്രിസ്തുവിൻ്റെ വെളിപ്പാട് വരുന്നു ആ വെളിപ്പാട് ആ ആ ഘട്ടത്തിലാണ് എന്ത് വരുന്നത് നമ്മൾ ദാനിയൽ ദാനിയലിൻ്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവിടെ ഇതാ ഈ ഈ കൊമ്പ് വന്നുകഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒൻപതാമത്തെ വാക്യത്തിൽ ഏഴിൻ്റെ ഒൻപതിൽ വന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ന്യായാസനങ്ങളെ വെച്ചു വയോധീനായ ഒരു തനിരുന്നു അവൻ്റെ വസ്ത്ര ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരൂപം പോലെയും അവൻ്റെ സിംഹാസന അഗ്നിജാലയും അവൻ്റെ രഥയക്രങ്ങൾ കത്തുന്നതീയമായിരുന്നു അപ്പോൾ ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരമായിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുമ്പാകെ നിന്നു ന്യായവിസ്താര സഭയിരുന്നു പുസ്തകങ്ങൾ തുറന്നു കണ്ടോ ഇതെന്താ ഇത് കർത്താവിൻ്റെ കർത്താവ് വന്ന് ആ ആ നിലയിൽ ആ വെള്ളസിംഹാസനത്തിലെ ന്യായവിധയും നിത്യതയും ഒക്കെയായിട്ട് കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന ആ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത് ഞാനേ പറഞ്ഞത് വ്യക്തമായോ പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ലോകത്ത് പല ചരിത്രത്തിലെ പല കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ എന്നേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവം അത് വെളിപ്പെടുത്തിയിരുന്നു ബി സിയിലുണ്ടായിരുന്ന ദാനിയലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ അവിടെ ഈ പറഞ്ഞത് ഒന്ന് ഒരു ബിംബത്തോട് സാദൃശ്യപ്പെടുത്തിയും രണ്ട് സിംഹം കരടി പുള്ളിപ്പുലി ഭയങ്കരമുള്ള ഒരു മൃഗം എങ്ങനെ നാല് മൃഗങ്ങളോട് സ്വാദൃശ്യപ്പെടുത്തിയും ഒക്കെ ഇങ്ങനെയുള്ള സാമ്രാജ്യങ്ങൾ വരുമെന്ന് പറഞ്ഞു വരുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒടുവിലായിട്ട് വരുമ്പോൾ അത് ഈ സാമ്രാജ്യങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിന് വഴിമാറും അത് മറി വഴിമാറിക്കഴിഞ്ഞു അപ്പം നമ്മൾ ഇന്ന് എന്തല്ല നിൽക്കുന്നത് കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ ആ രണ്ടാമധ്യായത്തിൽ പറഞ്ഞതിൽ നിന്ന് ഇച്ചിരി കൂടെ വ്യത്യാസമായിട്ട് ഏഴാം അധ്യായത്തിൽ വരുമ്പം അവിടെ എന്ത് കാണുന്നു അവിടെ അന്ത്യക്രിസ്തുവിൻ്റെ വരവും അവൻ വന്ന് ദൈവത്തിനെതിരായിട്ട് ദൂഷണം പറയുന്ന വമ്പ് പറയുന്ന വായും മനുഷ്യൻ്റെ പോലെ കണ്ണുമുള്ള ഒരു കൊമ്പിനെക്കുറിച്ച് പറയുന്നത് അതെന്താ അന്ത്യക്രിസ്തുവിൻ്റെ ആ നിലയിലുള്ള ആ ഇടപെടലും വരുന്ന ആ ഒരു പ്രത്യേക ഘട്ടമായപ്പോഴേക്കും എന്തു വരുന്നു കർത്താവ് വന്ന് ആ വയോധികനായവനിരുന്നു ന്യായവിസ്താര സഭ അവൻ്റെ അവൻ്റെ വസ്ത്രഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടരൂപം പോലെയും അവൻ്റെ സിംഹാസന വ്യക്തിജ്വാലയും ആയിരുന്നു അങ്ങനെയുള്ള കർത്താവിൻ്റെ ആ സിംഹാസനത്തിലുള്ള ആ ഇരിപ്പും ഇതും കർത്താവ് വന്ന് അത് സാമ്രാജ്യം സ്ഥാപിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആ കാര്യം അവിടെയും പറയുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഈ നേരത്തെ കണ്ട സാമ്രാജ്യങ്ങളെല്ലാം എന്തായിരുന്നു ഈ കിങ്ഡങ്ങളെല്ലാം രാജ്യത്വങ്ങളെല്ലാം മാറിപ്പോയി എന്നാൽ ഒടുവിലായിട്ട് കർത്താവിൻ്റെ വരവിനെ തുടർന്ന് കർത്താവ് സ്ഥാപിക്കുന്ന ആ സാമ്രാജ്യം അത് ഇളകാത്ത ഇളകാത്ത രാജ്യമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ അന്തിമ വിജയമെന്നൊരു പുസ്തകമുണ്ട് നിങ്ങൾ ആ പുസ്തകം എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്തെ നമുക്ക് നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് വന്നതിന് ശേഷം അവിടുന്ന് എന്തു ചെയ്യും ഈ ഭൂമിയിൽ തന്നെ ആയിരം ആണ്ട് വാഴും സഹസ്രാബ്ദവാഴ്ച എന്ന് പറഞ്ഞ കാര്യം ആയിരം ആണ്ട് ഈ ഭൂമിയിൽ തന്നെ വാഴും ആയിരം ആണ്ടേക്ക് ഈ പിശാചനെ ചങ്ങലയ്ക്കിടും ആ സമയത്ത് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരും കർത്താവും കൂടെ ഇവിടെ വാഴും നമ്മളതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞയാഴ്ച രസമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അങ്ങനെ ഒരു കാര്യമുണ്ട് ആയിരം വാഴ്ച അത് പിന്നെ അതിനുശേഷം വീണ്ടും ഇവനെ ചങ്ങലയിൽ നിന്ന് അഴിച്ചുവിടും അവനെ ദൈവത്തിന് വിരോധമായിട്ട് ജാതികളെ ഉത്സാഹിപ്പിച്ച് വലിയ യുദ്ധം ഉണ്ടാകും അതിനുശേഷം എന്നേക്കുമായിട്ട് കർത്താവ് ഇവനെ തീപ്പൊഴികയിൽ തള്ളിയിടും അതിനുശേഷം കർത്താവിൻ്റെ പുതുവാന ഭൂമിയിലെ ഭരണവും നിത്യതയും ഒക്കെയായിട്ട് ആ സാമ്രാജ്യം അങ്ങനെ തുടരുക ചെയ്യുന്നു ഞാൻ പറഞ്ഞത് ഈ സാമ്രാജ്യത്തിന് എന്തില്ല ഇളക്കമില്ല ഇളക്കമില്ല ഇറ്റേണിറ്റി ഇറ്റേണിറ്റിയിലേക്കാണ് അത് ചെന്ന് ചെന്ന് വിലയം പ്രാപിക്കുന്നത് ഇറ്റേണിറ്റിയിൽ എന്തില്ല ഇറ്റേണിറ്റി എന്ന് പറയുന്നത് തന്നെ നിത്യതയാണ് നിത്യതക്കെന്തില്ല നിത്യതയ്ക്ക് ഇളക്കമില്ല ഇളക്കമില്ല ഈ ഇളകാത്ത സാമ്രാജ്യം കർത്താവ് സ്ഥാപിക്കും ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ പന്ത്രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് ആകെയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇളകാത്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴേ എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു എന്താ നമ്മൾ പറഞ്ഞത് ഇന്ന് കാണുന്ന ഈ സഫ കർത്താവിൻ്റെ സഫ ഈ സഫയെന്ന് പറയുന്നത് ആ സഫയെ ആ സഫ ഇതിൻ്റെ ഭാഗമാണ് ഇളകാത്ത കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന ആ രാജ്യത്വത്തിൻ്റെ കിണ്ടത്തിൻ്റെ ഭാഗമായിട്ടിപ്പോഴേ ഉള്ളതാണ് സഭ കാരണം കർത്താവ് ഒന്നാമത് വന്നപ്പം ഒന്നാമത് വന്നപ്പം കർത്താവ് എന്താ പറഞ്ഞത് സ്വർഗരാജ്യം സമീപമായിരിക്കുന്നു യോഹന്നാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ വന്നത് മത്തായി എഴുതൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഭാഗങ്ങൾ നോക്കിയതാണ് മത്ത എഴുതു ശേഷം അതിൻ്റെ മൂന്നാമധ്യായത്തിൽ യോഹന്നാൻ സ്നാഭകൻ വരുമ്പം സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ എന്ന് പറഞ്ഞാണ് താൻ ശുശ്രൂഷയെ ആരംഭിക്കുന്നത് നാലാമധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവും തൻ്റെ ശുശ്രൂഷയെ ആരംഭിക്കുമ്പം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇരുപത്തി മൂന്നാം വാക്യത്തിലേക്ക് നാലിൻ്റെ ഇരുപത്തിയേഴ് പത്തായി നാലിൻ്റെ ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം അവിടുന്ന് യേശു പിന്നെയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും എന്ന് വെച്ചാൽ ആ സ്വർഗരാജ്യം ആ രാജ്യത്വം ആ രാജ്യത്വത്തിൻ്റെ ഒരു കാര്യം സമീപമായിരിക്കുന്നു സമീപമായിരിക്കുന്നു എന്നാണ് യോഹന്നാൻ സ്നാഭകം പ്രസംഗിച്ചത് യേശു പറഞ്ഞത് അതുതന്നെയാണ് യേശു എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഈ രണ്ടീരണ്ടായിട്ട് പല ഭാഗങ്ങളിലേക്ക് അയച്ചു പത്തായി എഴുതുശേഷം പത്താമത്യായത്തിലാണ് ആ കാര്യം കാണുന്നത് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പലയിടത്തായിട്ട് അയച്ചു അവരോട് പറയുന്നു അതിൻ്റെ പത്തിൻ്റെ ഏഴിൽ പറയുന്നു നിങ്ങൾ പോകുമ്പോൾ എന്ത് എന്ത് ഘോഷിക്കണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീ അപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ പത്താ എഴുതി വിശേഷം പത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണ് അവിടെ കർത്താവ് എന്താ ചെയ്യുന്നത് തൻ്റെ ശിഷ്യന്മാരെ യഹൂദ നാട്ടിലെ പലടത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ശബരിയെ പോകേണ്ട യഹൂദൻ്റെ അടുത്ത് തന്നെ പോയാൽ മതി പല സ്ഥലങ്ങളിലേക്ക് പോവുക പോകുമ്പോൾ നിങ്ങളെന്തോഘോഷിക്കണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു കണ്ടോ യോഹന്നാൻ സ്നബു പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പോൾ യോഹന്നായുവിൻ്റെ കാലത്ത് സ്വർഗരാജ്യം വന്നോ വന്നില്ല കർത്താവ് വന്നപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താ സമീപിച്ചിരിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ ഇവര് ശിഷ്യന്മാർ അന്ന് യഹൂദ്യാനാടുകളിൽ പോയി പ്രസംഗിച്ചപ്പോഴും അവരെന്താ പറഞ്ഞത് സ്വർഗരാജ്യം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ഈ ഈ സ്വർഗരാജ്യം പിന്നീട് എപ്പോഴാണ് വന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ കാര്യങ്ങൾ കാണുമ്പോൾ ഈ ദൈവരാജ്യം ഈ സ്വർഗരാജ്യം യോഹന്ന സ്നാപകനാകട്ടെ കർത്താവട്ടെ പറഞ്ഞ ഈ ദൈവരാജ്യം സ്വർഗരാജ്യം അതിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് ഇവിടെ ഇതാ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് നിക്കോദേമോസിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയയില്ല ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഒരു പുതുജനത്തോടാണ് വീണ്ടും ജനനത്തോടാണ് യോഹന്നാൻ മൂന്നിൻ്റെ മൂന്ന് അത് നമ്മൾ കാണുന്നു അപ്പോൾ ഈ പൊതുജനനമൊക്കെ എവിടെയാണ് നമ്മൾ കാണുന്നത് എവിടേക്ക് വരുന്നതിലേക്ക എവിടെയൊക്കെ വരുമ്പോഴാണ് കാണുന്നത് സത്യത്തിൽ ഈ രക്ഷയിലേക്ക് വരുമ്പോഴാണ് ഈ പൊതുജനനം കാണുന്നത് അപ്പോൾ അങ്ങനെ പൊതുജനനത്തിലേക്ക് വന്നവനെന്തോ കാണുമപ്പോൾ ദൈവരാജ്യം കാണും അപ്പോൾ ഈ സഭ ഈ രാജ്യം വന്നത് ഇതാണ് ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പത്താം എഴുതിയ പതിനാറ നോ പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനാറാം അധ്യായത്തിൽ സഫ പണിയുന്നതിനെക്കുറിച്ചാണ് കർത്താവ് പത്രോസിനോട് പറയുന്ന ഭാഗം മത്തായി പതിനാറിൻ്റെ പതിനാറിൻ്റെ പതിനെട്ട് മുതലുള്ള ഭാഗങ്ങൾ നീ പത്രോസാകുന്നു ഈ പാറമയിൽ ഞാനെൻ്റെ സഫയെ പണിയും കർത്താവ് സഫ പണിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് സഫ പണിയുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയുന്നു ഇവിടെ ഇതാ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു സഫ പണിയുന്നു എന്തോ വരുന്നു പറഞ്ഞോണ്ട് കർത്താവ് വന്ന് സ്വർഗരാജ്യം സമീപമായിരിക്കുന്നു ഇവിടെ ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ആർക്ക് കൊടുക്കുന്നു പത്രോസിന് കൊടുക്കുന്നു പത്രോസിന് കൊടുക്കുമ്പോൾ അതെന്താ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താ സഫയാ സഫയാണ് എന്നുള്ളത് ആ ഭാഗങ്ങൾ വ്യക്തമാണ് വ്യക്തമാണ് കാര്യം ആ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു അവിടെ നീ ഇന്ന മേൽ സഫയെ പണിയും ഈ സഭയുടെ പണി എവിടെയാണ് ആരംഭിച്ചത് ആരംഭിച്ചത് അപ്പോസ് നില പ്രവൃത്തി രണ്ടാമധ്യായത്തിലാണ് അപ്പോസിലെ പ്രവർത്തി രണ്ടാമധ്യായത്തിൽ അപ്പോസ്റ്റിലെ പ്രവർത്തി രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ നിലയിൽ സഭയുടെ സ്ഥാപനമുണ്ടായി കണ്ടോ ആ രാജ്യത്തിലേക്കുള്ള പ്രവേശനം സഭയിലേക്കുള്ള പ്രവേശനം ഏതിലൂടെ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം ഈ രാജ്യം കാണാനായിട്ട് കഴിയുകയില്ല പത്രോസ് പ്രസംഗിക്കുമ്പോൾ എന്താ പറയുന്നത് ആ രണ്ടാമധ്യായത്തിൽ ഈ ബഹളമെല്ലാം കൂടെ കേട്ട് ഇപ്പം എന്തൊക്കോസ് നാളിലെ അന്യഭാഷാ ഭാഷണമൊക്കെ കേട്ട് ആളുകൾ തടിച്ചുകൂടി അതിൻ്റെ മുപ്പത്തേഴോ മുപ്പത്തെട്ടോ വാക്യങ്ങൾ അവർ ചോദിക്കുന്നു സഹോന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പം പത്രോസ് ആദ്യത്തെ പ്രസംഗം നടത്തുക പത്രോസ് പറയുക പത്രോസ് പ്രസംഗം നടത്തി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുക അതിൻ്റെ ആ എങ്ങനെയാണ് ഇതിലേക്ക് പ്രവേശനമെന്നുള്ളത് പറയുക നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരുടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പയും എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും എന്ന് പറഞ്ഞ് അവിടെ ഇതാ പുതുതായി ജനിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നു കണ്ടോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ വരും വരും ഒരു രാജ്യത്വം ഒടുവിലായിട്ട് ദൈവം സ്ഥാപിക്കും ആ രാജ്യത്വം ഏതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പക്ഷെ ആ വരാൻ പോകുന്ന രാജ്യത്വം സഭയുടെ സ്ഥാപനത്തിൽ അതിൻ്റെ തുടക്കമായി ഈ സഭ ആണ് രാജ്യം രാജ്യം ആ രാജ്യം കർത്താവ് സ്ഥാപിക്കുന്ന ആ ഇളക്കമില്ലാത്ത രാജ്യത്തിൽ വന്ന് വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഈ സഭയിലുള്ള ആളുകളല്ലേ ഒടുവിൽ കർത്താവിൻ്റെ ഈ ഈ രാജ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഈ സഭയല്ലേ കർത്താവിൻ്റെ കാന്തയായിട്ട് നിത്യകാലം കർത്താവിനോടൊപ്പം ഉള്ളത് ഇളകാതെ നിൽക്കുന്നത് അപ്പം ഈ സാമ്രാജ്യവും കർത്താവ് രാജ്യത്വവും കർത്താവ് രണ്ടാമത്തെ വരവിലാണ് സ്ഥാപിക്കുന്നതെങ്കിലും ഒന്നാമത്തെ വരവിൽ തന്നെ കർത്താവ് അത് പറഞ്ഞു പറഞ്ഞു ഇത് വരുന്നു വരുന്നു എന്ന് പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ അത് വന്നു വന്നു നമ്മൾ കൊലോസിയർ കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ കൊലോസിയർ കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു സഭയോട് പറയുന്നു നിങ്ങളെ എന്തോ ചെയ്തിരിക്കുന്നു നിങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു കണ്ടോ രാജ്യം എന്ന പ്രയോഗം കൊലോസിയർ ഒന്നിൻ്റെ പതിമൂന്ന് അവിടെ സഫയോട് പൗലോസ പറയുക സഫയിലുള്ള പ്രിയപ്പെട്ടവരെ കൊലോസിയ സഫയിലുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ എവിടാ നിങ്ങളൊരു രാജ്യത്തിലാണ് എവിടെ ആയിരുന്നു നിങ്ങൾ നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു അവിടെ നിന്ന് നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ സഫയിലാക്കി എന്നല്ല പറഞ്ഞേക്കുന്നത് സഫയിലാക്കി എന്നല്ല പറഞ്ഞേക്കുന്നത് കണ്ടോ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി ഈ പുത്രൻ്റെ സത്യത്തിൽ അവർ രാജ്യത്തിലാണോ അവർ സഭയിലാണോ സഭയിലാണ് ആ സഭ തന്നെയാണ് രാജ്യം അത് പറയാനാണ് ഞാൻ വന്നത് സഭ തന്നെയാണ് രാജ്യം സഭ തന്നെയാണ് രാജ്യം സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുന്നു സഭയിലേക്ക് ചേരുന്നവർ ഒരു പൊതുജനനം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത് നിക്കോദേമസിനോട് കർത്താവ് പറഞ്ഞു നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ഈ രാജ്യം കാണാൻ ഒക്കുകയല്ലെന്ന് പറഞ്ഞു കൊലോസിയ സഭയെ വന്ന ആളുകളോട് പറഞ്ഞു നിങ്ങളെവിടെയാണ് നിങ്ങൾ രാജ്യത്തിലാണ് എന്ന് പറഞ്ഞു റോമർ കഴിഞ്ഞില്ല അതിനെ പതിനാലാമധ്യായത്തിലേക്ക് വരിക അവിടെയും ഇതിനെ കാണിക്കുന്ന ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം റോമർ പതിനാലിൻ്റെ പതിനാലിൻ്റെ പതിനേഴാമത്തെ വാക്യം ആ പതിനേഴാമത്തെ വാക്യം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര കണ്ടോ അവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് സഫയെക്കുറിച്ചാണോ സഭ പറയുന്നത് അല്ല ദൈവരാജ്യം എന്നാ പക്ഷേ ഈ ദൈവരാജ്യമാണ് സഭയെന്ന് എങ്ങനെ നമുക്കറിയാൻ ഒക്കും ആ പതിനാലാമത്തെ അധ്യായം പതിനാലാമത്തെ അധ്യായം എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഓ സഫയിൽ സഭയിൽ നമ്മൾ അന്യോന്യം ജീവിക്കേണ്ട രീതികളെ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിലാണ് പറയുന്നത് ഈ ദൈവരാജ്യം നീതി സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ആണെന്ന് പറയുമ്പോൾ കണ്ടോ ആ പതിനാലാമത്തെ അധ്യായം അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ സഭയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് ചിലർ സസ്യാദികൾ തിന്നുന്നവരുണ്ട് നിങ്ങൾ അവരെ തിക്കരിക്കരുത് ചിലർ ചില ദിവസങ്ങൾ നോക്കുന്നവരുണ്ട് നമ്മൾ അവരെ എല്ലാം ഉൾക്കൊണ്ട് പോകണം ഏ നമ്മളാരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല തനിക്കായി തന്നെ മരിക്കുന്നുമില്ല എന്നിട്ട് പതിന പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പം നിങ്ങൾ അന്യോന്യം വിധിക്കരുത് നിങ്ങളെല്ലാവരും ഒന്നിച്ച് ഒന്നിച്ച് ഒന്നിച്ച് സഫയായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ താഴെയും നമ്മൾ വായിക്കുക അവിടെയൊക്കെ സഫയിൽ ഒന്നിച്ച് നമ്മൾ പെരുമാറുന്നതിൻ്റെ രീതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ഇടയിലാണ് നാലിൻ്റെ പതിനേഴ് പതിനാലിൻ്റെ പതിനേഴിൽ എന്നതിനെക്കുറിച്ച് പറയുന്നു ഇതാ ദൈവരാജ്യം നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ഇതാണ് ദൈവരാജ്യം അപ്പം ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ എന്താ സഫയാണ് സഭയാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവർ കർത്താവ് ഇളക്കമില്ലാത്ത രാജ്യം എവിടെ സ്ഥാപിക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം ഇളക്കമില്ലാത്ത ആ രാജ്യം അത് മാറിപ്പോകുന്നതല്ല ബാബുലോന്യ സാമ്രാജ്യം മാറിപ്പോയി മേദ്യപാർശ്യ സാമ്രാജ്യം മാറിപ്പോയി യവനായ സാമ്രാജ്യം മാറിപ്പോയി ഗ്രീക്ക് അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യം മാറിപ്പോയി ജനാധിപത്യ രീതികളെല്ലാം മാറിപ്പോകുന്നു പക്ഷേ കർത്താവ് സ്ഥാപിക്കുന്നത് അത് മാറിപ്പോവുകയില്ല മാറിപ്പോവുകയില്ല അത് എന്നേക്കും ഉള്ളതാണ് പക്ഷേ അത് ഭാവിയിൽ എപ്പോഴേലും സ്ഥാപിക്കാനിരിക്കുന്നു എന്നുള്ള മട്ടിൽ ഇന്ന് നമുക്കത് ഈ പങ്കാളിത്തമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത് കാര്യം നമ്മളായിരിക്കുന്ന സഭ തന്നെ എന്താ ഈ സഭയാണ് കർത്താവ് വേളി കഴിക്കുന്നത് ഈ സഭയാണ് കർത്താവിൻ്റെ കാന്തയായിട്ട് നിത്യതയിൽ കർത്താവിനോടൊപ്പം ഈ സഭയിലെ വിശുദ്ധന്മാരാണ് സഹസ്രാബ്ദവാഴ്ചയിൽ എന്ത് ചെയ്യുന്നത് കർത്താവിനോടൊപ്പം ഇവിടെ ഇവിടെ രാജാക്കന്മാരായിട്ട് വാഴുന്നത് അതത് സ്ഥലങ്ങൾ രാജാക്കന്മാരായിട്ട് വാഴുന്നത് വിശുദ്ധന്മാരാണ് ആ നിത്യ രാജ്യത്തും അതുകൊണ്ടാണ് നമ്മൾ ധാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ ആ രാജ്യത്തും എന്താ ദാനിയലിൻ്റെ പുസ്തകം നമ്മൾ ഏഴാമധ്യായത്തിൽ വായിച്ചത് ഏഴാമധ്യായത്തിൽ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നമ്മൾ കണ്ടു പതിനെട്ടാമത്തെ വാക്യത്തിൽ എന്നാൽ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ കണ്ടോ അത്യുന്നതനായവൻ മാത്രമല്ല അവൻ്റെ വിശുദ്ധന്മാരും രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും എന്നാണ് അവിടെ നമ്മൾ വായിച്ചത് അതുപോലെ തന്നെ ഇരുപത്തേഴാമത്തെ വാക്യം അത്യുന്നതൻ അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് രാജ്യങ്ങളുടെ മഹത്വമൊക്കെ ലഭിക്കും ഞാൻ ദാനിയലിൻ്റെ പുസ്തകം ഏഴിൻ്റെ ഇരുപത്തേഴാമത്തെ വാക്യമാണ് വായിച്ചത് കണ്ടോ അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും കർത്താവ് സ്ഥാപിക്കുന്ന ആ രാജ്യത്വം നിത്യരാജ്യത്വം അപ്പോൾ ആ രാജ്യത്വത്തോട് ചേർന്ന് ആർക്കും ഒരു പങ്കാളിത്തമുണ്ട് അവൻ്റെ വിശുദ്ധന്മാർക്കും ഒരു പങ്കാളിത്തമുണ്ട് സഹസ്രാബ്ദവാഴ്ചയിൽ കർത്താവ് ഈ ഭൂമിയിൽ സമാധാനമുള്ള ഭരണം സ്ഥാപിക്കുമ്പോൾ അവൻ്റെ വിശുദ്ധന്മാരായ നമ്മളും എന്തു ചെയ്യും നമ്മൾ മരിച്ചു പോയെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കർത്താവിൻ്റെ വരവിൽ നമ്മൾ പുനരുദ്ധാനം ചെയ്യും നമ്മൾ മരിച്ചു മരിച്ചു നമ്മൾ മണ്ണോട് ചേർന്നു ആ എവിടൊക്കെ ചെന്നാലും അവസാനം കാഹളനാഥത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരപ്പെടും ജീവനോട് ശേഷിക്കുന്നവരാണെങ്കിൽ കർത്താവ് വരുമ്പോൾ നമ്മൾ ജീവനോടുണ്ടെങ്കിലോ നമ്മുടെ ഈ ശരീരം രൂപാന്തരപ്പെടും ഈ വചനങ്ങളാൽ അന്യോന്യൂ ആശ്വസിപ്പിച്ചുകൊള്ളൂ എന്നാണ് പോലൂസ് പറയുന്നത് നമ്മൾ ശവസംസ്കാരത്തിൻ്റെ സമയത്തൊക്കെ ഈ ഭാഗങ്ങൾ വായിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ അങ്ങനെ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ഒരു ശരീരത്തോടെ നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കും അങ്ങനെയുള്ള ശരീരത്തിൽ നമ്മൾ എന്ത് എന്തു ചെയ്യും നിത്യകാലം ഈ സഹസ്രാബ്ദവാഴ്ച എത്ര നാളത്തേക്കേ ഉള്ളൂ ആയിരം ആണ്ടേക്കേ ഉള്ളൂ ആയിരം ആണ്ടേക്കേ ഉള്ളൂ അതിനുശേഷം ഈ ഭൂമിയെ എന്ത് ചെയ്യും ഈ ഭൂമിയിൽ ഭൂമിയെ ശുദ്ധീകരിച്ച് ഇവിടെ ഒരു പുതുവാന ഭൂമി അതിനുശേഷം നിത്യതയിലേക്കുള്ള പ്രവേശം ഇതെല്ലാം ഈ രാജ്യത്തിനൊരു മാറ്റവും ഇല്ലാതെ അത് തുടരുക ഞാൻ പറയാൻ വന്നത് ആ രാജ്യം കർത്താവ് ഇളകാത്ത രാജ്യം കർത്താവ് സ്ഥാപിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഭാവിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ആ രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു ആ രാജ്യം ഏതാ സഭയാണ് സഭയിലായിരിക്കും അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഗൗരവം ഉണ്ടാവണം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഈ രാജ്യം കർത്താവ് സ്ഥാപിക്കുന്ന ഈ രാജ്യത്തിൻ്റെ രാജാവ് ആരായിരിക്കും ഏതാ നി സ്രാബ്ദവാഴ്ചയും ഈ അതിന് ശേഷമുള്ള നിത്യതയും ഒക്കെ അടങ്ങുന്ന ആ രാജ്യത്തിൻ്റെ രാജാവ് ആരാണ് കർത്താവാണ് കർത്താവാണ് കർത്താവ് രാജാവ് അവൻ്റെ വിശുദ്ധന്മാരെന്താ വാഴുന്നവർ കർത്താവിനോടൊപ്പം വാഴുന്നവർ ഓക്കെ ഇതേ കാര്യം ഇന്ന് സഭയിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇത് നമ്മൾ എന്തായി നമ്മുടെ അനുഭവമായി ഇന്നും സഭയിലുള്ള നമ്മൾ ഈ രാജ്യത്തിലുള്ള നമ്മൾ നമുക്കൊരു രാജാവുണ്ട് ആരാ കർത്താവ് കർത്താവാണ് കർത്താവെന്നുള്ള വാക്ക് തന്നെ എന്താ പറയുന്നത് കർത്താവെന്ന് വെച്ചാൽ എന്താ അവൻ നമ്മുടെ ലോഡാണ് നമ്മൾ കർത്തൃത്വം നടത്തുന്നവനാണ് രാജാവിന് അങ്ങ് കീഴടങ്ങി കൊടുക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന് നമ്മുടെ കർത്താവിന് കീഴടങ്ങിക്കൊടുത്തിരിക്കുന്നു അവൻ നമ്മുടെ രാജാവാണ് ഇത് പറയുമ്പോൾ നമ്മളെ ഈ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു സ്നേഹസ്വരൂപൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു ഈ രാജാവിനെ നമ്മൾ എല്ലാത്തിലും അംഗീകരിക്കുന്നുണ്ടോ അവൻ തരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ അതിന് കീഴടങ്ങുന്നുണ്ടോ അവൻ നമുക്ക് രാജാവാണോ എന്നുള്ളത് നമ്മൾ ചോദന ചെയ്യണം രണ്ടാമത് രണ്ടാമത് ഈ രാജ്യത്വത്തിൽ നമ്മൾ ദാനിയൻ്റെ പുസ്തകത്തിലും വായിച്ചു കർത്താവ് രാജ്യത്വം സ്ഥാപിക്കുമ്പോൾ അവൻ്റെ വിശുദ്ധന്മാരും എന്താണ് വാഴുന്നവരാണ് അവർ വാഴുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇന്ന് ഈ രാജ്യത്തിലാണെങ്കിൽ സഭയിലാണെങ്കിൽ നമ്മൾ വാഴുന്നവരായിരിക്കണം ആരേ വാഴുന്നവരാണ് കുറച്ച് മനുഷ്യരെയാണോ മനുഷ്യരെ ഒന്നും നമ്മൾ വാഴണ്ട നമ്മൾ എന്തിനെയാണ് വാഴേണ്ടത് പാപത്തെയും സ്വയത്തെയും പാപത്തിൻ്റെ മേലും സ്വയത്തിൻ്റെ മേലും ആ നിലയിൽ അതിനെ ജയിച്ച് ഓവ അതിനെ ഓവർകം ചെയ്തവരായിട്ട് ജയാളികളായിട്ട് നമ്മൾ നിൽക്കണം അങ്ങനെ നിൽക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കാര്യം നമ്മളിപ്പോഴേ അങ്ങനെ വാഴുന്നവരായിട്ട് നിന്നാലേ എന്ത് എന്തിലും അന്ന് സന്തോഷത്തോടെ നമുക്കാകാൻ ഒക്കെയുള്ളൂ അന്നും കർത്താവ് ഈ സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ ഈ ഇളകാത്ത സാ സ്ഥാപിക്കുമ്പോൾ അവിടെയും നമുക്ക് വാഴുന്ന ആളുകളായിട്ട് നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളെ നമുക്കിങ്ങനെ സംക്ഷേപിക്കാം ഇളകാത്ത രാജ്യം ഇളകാത്ത രാജ്യം അൺഷെയ്ക്കബിൾ കിങ്ഡം പല രാജ്യങ്ങൾ ലോകത്തുണ്ടായിരുന്നു അതെല്ലാം ഇളകിപ്പോയി അവസാനം കർത്താവ് ഇളകാത്ത രാജ്യത്തും അക്ഷരാർത്ഥത്തിൽ സ്ഥാപിക്കും പക്ഷേ ആത്മീയ അർത്ഥത്തിൽ ഇപ്പോഴേ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അത് സഭയാണ് ഈ സഭയിൽ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു യോഹന്വേഷനാപുകയും രാജ്യം വരുന്നു എന്ന് പറഞ്ഞു കർത്താവ് രാജ്യം വരുന്നു എന്ന് പറഞ്ഞു ഒടുവിൽ സഭ വന്നപ്പോൾ സഭയാണ് ഈ രാജ്യം ഈ രാജ്യത്തിൻ്റെ താക്കോൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ് പെന്തക്കോസ് നാളിൽ അത് യാഥാർത്ഥ്യമായി തീർന്നു അന്നു മുതലുള്ള ഈ സഭ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലേക്കും നീണ്ടു ചെല്ലും നമ്മൾ പറഞ്ഞു സത്യത്തിലെ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെയും രണ്ടാമത്തെ വരവിനെയും ബന്ധപ്പെടുത്തി ഒരു പാലം പോലെ നിൽക്കുന്നത് ഏതാണ് സഭയാണ് കർത്താവ് ഒന്നാമത് വന്ന് കാൽവറക്രൂശിയിൽ മരിച്ചത് കൊണ്ടാണ് സഭ രൂപപ്പെട്ടത് സഭയിലേക്ക് രൂപപ്പെ സഭ എങ്ങനെയാണ് കർത്താവിൻ്റെ കാൽവരക്കൃശിലെ മരണമുള്ളതുകൊണ്ടാണ് അവൻ തൻ്റെ ചങ്ങിലെ ചോര കൊടുത്താണ് വില കൊടുത്താണ് ഈ സഭയെ നേടിയിരിക്കുന്നത് അവിടെയാണ് കർത്താവിൻ്റെ ഒന്നാം വരവ് അവിടെ മുതൽ സഭ തുടരുക തുടരുക ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ സഭ അങ്ങ് അങ്ങ് അടച്ചുപൂട്ടി തന്നിരിക്കും അടച്ചുപൂട്ടി ഇവിടെ ഉള്ളവരെയൊക്കെ വിലങ്ങും വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പേടിയുണ്ടോ പേടിക്കണ്ട പേടി വിലങ്കും വെച്ച് അവിടെയെല്ലാം കൊണ്ടുപോയിട്ടു ഇവരെ എല്ലാം തൂക്കിക്കൊല്ലുകയും ചെയ്തു ആരുമില്ല സഭയില്ല ഇവിടുത്തെ സഭ എന്ത് ചെയ്തു സഭയെ ഡിസ്ട്രോയ് ചെയ്തു എന്നവരങ്ങ് പ്രഖ്യാപിച്ചു പക്ഷെ സഭയില്ലാതാകുന്നു ഇല്ലാതാകുകയല്ല കാരണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഇത് അതിന് അവിടം വരെ പാലമായിട്ട് നിൽക്കണം എങ്ങനെ കാണും ഒളിവു സഭ ഒളിവു സഭകൾ ഇന്ന് തന്നെ ചൈനയിൽ ഈ കാര്യം നടന്നു കഴിഞ്ഞു ചൈനയിൽ എന്ത് എന്ത് സംഭവിച്ചു ചൈനയിലും റഷ്യയിലും ഒക്കെ ഈ കാര്യങ്ങൾ നടന്നു സഭകളെ എന്ത് ചെയ്തു ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു എന്നാൽ ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ സഭ ഇന്നും സജീവമായിട്ട് നിൽക്കുന്നു സഭയെന്ന് ഇല്ലാതാക്കാൻ ഒക്കുകയില്ല ഒരു കെട്ടിടം പൂട്ടി കുറച്ച് പേരെ തൂക്കിക്കൊന്നാലോ ജയിലിലടച്ചാലോ സഭ ഇല്ലാതാവുകയില്ല കാരണം ഒന്നാമത്തെ കർത്താവിൻ്റെ വരവിനെയും രണ്ടാമത്തെ വരവിനേയും തമ്മിൽ ചേർത്ത് നിൽക്കുന്നത് സഭയാണ് ആ സഭയുടെ ഭാഗമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം നമ്മൾ ആ കർത്താവിൻ്റെ രാജ്യത്വത്തിലെ ആ രണ്ട് കാര്യങ്ങൾ കർത്താവ് നമുക്ക് ഇപ്പോഴേ രാജാവാണോ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വാഴുന്നവരാണോ നമ്മളാളുകളെ ആളുകളുടെ മേൽ ഒരു മ മനഃശാസ്ത്രപരമായിട്ട് അവരെ കീഴടക്കുന്ന ആളുകളെന്നുള്ള നിലയിലല്ല ഇന്ന് സുവിശേഷത്തിൻ്റെ പേരിലൊക്കെ പലയിടത്തും അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ കീഴടക്കി വാഴുന്നവരെല്ലാം മറിച്ച് നമ്മൾ എന്തിനെ എന്തിനെ എന്തിൻ്റെ മേൽ വാഴുന്നവരാണ് നമ്മുടെ പാപ സ്വഭാവങ്ങളുടെ മേൽ വാഴുന്നവരാവണം നമ്മുടെ സ്വയത്തിൻ്റെതായ നമ്മുടേതായ താല്പര്യങ്ങളുടെ മേൽ നമ്മൾ വാഴുന്നവരാവണം നമ്മുടെ സ്വയത്തിന് സ്വയത്തിൻ്റെതായ ഇച്ഛകളുണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളങ്ങനെ വാ പോകുമ്പോൾ നമ്മളെന്താ സ്വയത്തിൻ്റെ മേൽ വാഴുന്നവരാണ് പാപ സ്വഭാവങ്ങളുടെ മേൽ ഒരിക്കൽ നമ്മളെ കീഴടക്കിക്കൊണ്ടിരുന്ന പാപ സ്വഭാവങ്ങളെല്ലാം നമ്മുടെ കാലിന് കീഴിലായിരിക്കണം കോപം കോപം പ്രിയപ്പെട്ടവർ നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പോഴേ ഗൗരവമായിട്ട് എടുക്കണം ഇല്ലെങ്കിൽ എന്ത് പറ്റും ചിലപ്പം നമുക്ക് നമ്മുടെ കാലം നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങളിലേക്കൊക്കെ പോകും അന്നേരമൊക്കെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കും ശരിക്കും നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സജീവമായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ നിലയിലുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ കീഴടക്കി അതിൻ്റെ മേൽ വാഴുന്നവരായി നമ്മൾ നിൽക്കണം അപ്പോൾ കർത്താവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുന്നവരാകണം വാഴുന്നവരായി നമ്മൾ നിൽക്കണം അങ്ങനെയുണ്ടെങ്കിലേ ഈ ഇളക്കമില്ലാത്ത രാജ്യത്തിൻ്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാരാണ് നമ്മളെന്ന് നമുക്കിപ്പോൾ പറയാനായിട്ടേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം ബാക്കി ഇനി പതിമൂന്നാമത്തെ അധ്യായം നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം നമുക്ക് ദേവസമിതിയിലെ